അധ്യായം ഇരുപത്തി അഞ്ച് അമ്മസ്യാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഇരുപത്തൊമ്പത് സംവത്സരം യരുശലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യഹോവദ്ദാൻ എന്നു പേർ അവൾ യെരുശലേം കാര്യത്തിയായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു ഏകാഗ്രഹൃദയത്തോടെ അല്ലതാനും രാജത്വം അവന് ഉറച്ച ശേഷം അവൻ തന്റെ അപ്പനായ രാജാവിനെ കൊന്ന തന്റെ കൃത്യന്മാർക്ക് മരണശിക്ഷ നടത്തി എങ്കിലും അവരുടെ പുത്രന്മാരെ അവൻ കൊല്ലിച്ചില്ല അപ്പന്മാർ പുത്രന്മാരുടെ നിമിത്തം മരിക്കരുത് പുത്രന്മാർ അപ്പന്മാരുടെ നിമിത്തവും മരിക്കരുത് ഓരോരുത്തൻ താൻ താന്റെ സ്വന്തപാപം നിമിത്തമേ മരിക്കാവൂ എന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നതായി മോശയുടെ പുസ്തകത്തിലെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ അമ്മസ്യാവ് യഹൂദയെ കൂട്ടി വരുത്തി എല്ലാ യഹൂദയും ബെന്യാമീനുമായ അവരെ സഹസ്രാധിപന്മാർക്കും ശതാധിപന്മാർക്കും കീഴെഭവനം പ്രതിർഭവനമായി നിർത്തി ഇരുപതു വയസ്സുമുതൽ മേലോട്ടുള്ളവരെ എണ്ണി കുന്തവും പരിചയമെടുപ്പാൻ ാപ്തിയുള്ള ശ്രേഷ്ഠയോദ്ധാക്കൾ മൂന്ന് ലക്ഷം എന്ന് കണ്ടു അവൻ ഇസ്രയേലിൽ നിന്നും ഒരു ലക്ഷം പരാക്രമശാലികളെ നൂറ് താലന്തു വെള്ളികൊടുത്ത് കൂലിക്കുവാങ്ങി എന്നാൽ ഒരു ദൈവപുരുഷൻ അവന്റെ അടുക്കൽ വന്നു രാജാവ് ഇസ്രയേലിന്റെ സൈന്യം നിന്നോടുകൂടെ പോരരുത് യഹോവ ഇസ്രയേലിനോടുകൂടെ എല്ലാ യഫ്രൈമ്യരോടും കൂടെ തന്നെ ില്ല നീ തന്നെ ചെന്ന് യുദ്ധത്തിൽ ധൈര്യം കാണിക്കാം അല്ലാത്തപക്ഷം ദൈവം നിന്നെ ശത്രുവിന്റെ മുമ്പിൽ വീഴിച്ചേക്കാം സഹായിപ്പാനും വീഴിപ്പാനും ദൈവത്തിന് ശക്തിയുണ്ടല്ലോ എന്ന് പറഞ്ഞു അമസ്യാവ് ദൈവപുരുഷനോട് എന്നാ ഞാൻ ഇസ്രയേൽ പടക്കൂട്ടത്തിന് കൊടുത്ത നൂറ് താലന്തിന് എന്തു ചെയ്യേണ്ടുവെന്ന് ചോദിച്ചു അതിന് ദൈവപുരുഷൻ അതിനേക്കാളധികം രുവാൻ യഹോവയ്ക്ക് കഴിയും എന്നുത്തരം പറഞ്ഞു അങ്ങനെ അമസ്യാവ് അവരെ എഫ്ഐഇിൽ നിന്ന് അവന്റെ അടുക്കൽ വന്ന പടക്കൂട്ടത്തെ തന്നെ അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതിന് വേർതിരിച്ചു അവരുടെ കോപം യഹൂദയ്ക്ക് നേരെ ഏറ്റവും ജ്വലിച്ചു അവർ അതികോപത്തോടെ തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി അനന്തരം അമസ്യാവ് ധൈര്യപ്പെട്ട് തന്റെ പടജനത്തെ കൂട്ടിക്കൊണ്ട് ഉപ്പു താഴ്വരയിൽ ചെന്ന് സേയിരിയരിൽ പതിനായിരം പേരെ നിഗ്രഹിച്ചു വേറെ പതിനായിരം പേരെ യഹൂദ്യർ ജീവനോടെ പിടിച്ച് പാറമുകളിൽ കൊണ്ടുപോയി പാറമുകളിൽ നിന്ന് തള്ളിയിട്ടു അവരെല്ലാവരും തകർന്നുപോയി എന്നാൽ തന്നോടു കൂടെ യുദ്ധത്തിന് പോരാതെയിരിപ്പാൻ അമസ്യാവോ മടക്കി അയച്ചിരുന്ന പടക്കൂട്ടത്തിലെ ആളുകൾ ശമരിയ മുതൽ ബെത് ഹോരോൻ വരെയുള്ള യഹൂദ നഗരങ്ങളെ ആക്രമിച്ച് മൂവായിരം ആളുകളെ കൊന്ന് അവരെ കൊള്ളയിട്ടു എന്നാൽ അമ്മസ്യാവ് ഏതോമ്യേരെ സംഹരിച്ചു മടങ്ങിവന്ന ശേഷം അവൻ സേയിരരുടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവയെ തനിക്ക് ദേവന്മാരായി നിർത്തി അവയുടെ മുമ്പാകെ നമസ്കരിക്കുകയും അവയ്ക്ക് ധൂപം കാട്ടുകയും ചെയ്തു അതുകൊണ്ട് യഹോവിയുടെ കോപം അമസ്യാവിന്റെ നേരെ ജ്വലിച്ച് അവനൊരു പ്രവാചകനെ അവന്റെ അടുക്കൽ അയച്ചു നിന്റെ കൈയിൽ നിന്ന് തങ്ങളുടെ സ്വന്തം ജനത്തെ രക്ഷിപ്പാൻ കഴിയാത്ത ജാതികളുടെ ദേവന്മാരെ നീ അന്വേഷിച്ചത് എന്ത് എന്നവനോട് പറയിച്ചു അവൻ സംസാരിച്ചു രാജാവ് അവനോട് ഞങ്ങൾ നിന്നെ രാജാവിനെ മന്ത്രിയാക്കി വച്ചിട്ടുണ്ടോ മതി നീ വെറുതെ വെട്ടുകൊണ്ടു ചാകുന്നത് എന്തിന് പറഞ്ഞു അങ്ങനെ പ്രവാചകൻ മദിയാക്കി നീ എന്റെ ആലോചന കേൾക്കാതെ ഇത് ചെയ്തതുകൊണ്ട് ദൈവം നിന്നെ നശിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അനന്തരം യഹൂദ രാജാവായ അമസ്യാവോ ആലോചന കഴിച്ചിട്ട് ഇസ്രായേൽ രാജാവായി യേഹുവിന്റെ മകനായ യഹോവാഹസിന്റെ മകൻ യോവാസിന്റെ അടുക്കൽ ആളയച്ചു വരിക നാമ ിൽ ഒന്ന് നോക്കുക എന്ന് പറയിച്ചു അതിന് ഇസ്രയേൽ രാജാവായ യോവാശ് യഹൂദാ രാജാവായ അമസ്യാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്തെന്നാൽ ലബാനോനിലെ മുൾപ്പടർപ്പ് ലബാനോനിലെ ദേവദാരുവിന്റെ അടുക്കൽ ആളയച്ചു നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരിക എന്നു പറയിച്ചു എന്നാൽ ലബാനോനിലെ ഒരു കാട്ടുമൃഗം കടന്നു ചെന്ന് മുൾപ്പടർപ്പിനെ ചവിട്ടിക്കളഞ്ഞു ഏതോ മിനെ തോൽപ്പിച്ചു എന്ന് നീ വിചാരിക്കുന്നു വമ്പുപുറവാൻ തക്കവണ്ണം നിന്റെ മനസ്സ് നികളിച്ചിരിക്കുന്നു വീട്ടിൽ അടങ്ങിപ്പാർത്തു കൊഴുക നീയും യഹൂദയും വീഴുവാൻ തക്കവണ്ണം അനർത്ഥത്തിൽ ഇടപെടുന്നത് എന്തിന് എന്നാൽ അമസ്യാവ് കേട്ടില്ല അവർ ഏതോമ്യ ദേവന്മാരെ ആശ്രയിക്കൊണ്ട് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അത് ദൈവഹിതത്താൽ സംഭവിച്ചു അങ്ങനെ ഇസ്രയേൽ രാജാവായ യോവാഷ് പുറപ്പെട്ടുചെന്നു അവനും യഹൂദ രാജാവായ അമസിയാവും യഹൂദയ്ക്കുള്ള ബെദ്സെമേസിൽ വച്ച് തമ്മിൽ നേരിട്ടു യഹൂദ ഇസ്രയേലിനോട് തോറ്റു ഓരോരുത്തൻ താന്താന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി ഇസ്രയേൽ രാജാവായ യോവാസ് യഹോവാഹസിന്റെ മകനായ യോവാസിന്റെ മകനായി യഹൂദ രാജാവായ അമസ്യാവെ ബേസിൽ വെച്ച് പിടിച്ച് യെരുഷലേമിൽ കൊണ്ടുവന്നു യെരുസലേമിന്റെ മതിൽ യഫ്രൈമിന്റെ പടിവാതിൽ മുതൽ കോൺ പടിവാതിൽ വരെ നാനൂറുമുഴം ഇടിച്ചുകളഞ്ഞു അവൻ ദൈവാലയത്തിൽ ഓപേദോമിന്റെ പക്കൽ കണ്ട എല്ലാ പൊന്നും വെള്ളിയും സകല പാത്രങ്ങളും രാജധാനിയിലെ ഭണ്ണാരവും എടുത്ത് ജാമ്യക്കാരെയും പിടിച്ച് ശമരിയിലേക്ക് മടങ്ങിപ്പോയി ഇസ്രയേൽ രാജാവായ യഹോവാഹാസിന്റെ മകൻ യോവാശ് മരിച്ച ശേഷം യഹൂദ രാജാവായ യോവാസിന്റെ മകൻ അമസ്യാവ് പതിനഞ്ച് സംവത്സരം ജീവിച്ചിരുന്നു എന്നാൽ അമസ്യാവിന്റെ മറ്റുള്ള ആദ്യ അവസാനം യഹൂദയിലെയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അമസ്യാവ് യഹോവയെ വിട്ടുമാറിയ കാലം മുതൽ അവർ എരിശിലേമിൽ അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അതുനിമിത്തം അവൻ ലാഖീഷിലേക്ക് ഓടിപ്പോയി എന്നാൽ അവർ ലാഖീഷിലേക്ക് അവന്റെ പിന്നാലെ ആളയച്ച് അവിടെ വച്ച് അവനെ കൊന്നുകളഞ്ഞു അവനെ കുതിരപ്പുറത്ത് കൊണ്ടുവന്ന് യഹൂദയുടെ മൂലനഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു